പിന്നീട് മൂസ അലിഹിസലാമിന് നാം വേദഗ്രന്ഥം നൽകി സൽക്കർമ്മം ചെയ്തവർക്ക് പൂർണമായും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി വിവരിച്ചും ഒരു മാർഗദർശനമായും കാരുണ്യമായും അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വസിക്കുമായിരിക്കും